കടലിൽ വെച്ച് നിങ്ങൾക്ക് പ്രയാസങ്ങൾ നേരിടുമ്പോൾ അവനൊഴികെ നിങ്ങൾ വിളിക്കുന്നവരെല്ലാം അപ്രത്യക്ഷരാകുന്നു പിന്നീടവൻ നിങ്ങളെ കരയിലേക്കെത്തിച്ച് രക്ഷപ്പെടുത്തിയപ്പോൾ നിങ്ങൾ മുഖം തിരിച്ചു കളഞ്ഞു മനുഷ്യൻ എന്നും നന്ദി